പ്രണാമം വാൽമീകി മഹർഷി രാമന് താമസിക്കാൻ സ്ഥിരപ്രജ്ഞരായ ബ്രഹ്മനിഷ്ഠന്മാരുടെ ചിത്തമാണ് ഏറ്റവും നല്ല താമസസ്ഥലം എന്ന് വിവരിച്ചു കൊടുത്തു എങ്കിലും തൻ്റെ ആശ്രമ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം താമസിക്കാൻ കാണിച്ചു തരണം എന്ന രാമൻ്റെ അഭിപ്രായം അനുസരിച്ച് താമസിക്കാനായി ചിത്രകൂടം കാണിച്ചു കൊടുക്കുകയാണ് അതിനു മുൻപ് തന്നെ വാൽമീകി തൻ്റെ ജീവിതകഥ രാമനോട് വിവരിച്ച് കേൾപ്പിക്കുന്നു വാൽമീകിയുടെ ജീവിതകഥ നമുക്കും അല്പം പ്രധാനമുണ്ട് രാമായണം എഴുതിയ ആളാണ് ഭൂമിയിൽ ആദ്യമായി രാമായണം എഴുതിയ രാമായണം പോലുള്ള കൃതികളുടെ ചരിത്രം അന്വേഷിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങനെ എളുപ്പം അത് തെളിയില്ല ആരാണ് എഴുതിയത് എപ്പോഴാണ് എഴുതിയത് എന്തിനാണ് എഴുതിയത് ഇതൊന്നും നമുക്ക് പിടിയിട്ടില്ല പിന്നെ രാമായണത്തിലും മറ്റും പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഗ്രഹിക്കാം മാത്രമേ ഉള്ളൂ ഈ രകത്തിനെക്കുറിച്ച് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് പുറമേ കാണുന്നത് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം അന്തിമമായി പ്രപഞ്ചരഹസ്യം പുറത്തന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല ഇതില്ലാത്തതാണ് അതുപോലെ രാമായണം ഭാഗവതം ഭാരതം ഇവയുടെയൊക്കെ കർത്തൃത്വം ആർക്കാണ് എന്തിനാണിവ രചിച്ചത് എപ്പോൾ രചിച്ചു ഇതൊന്നും വ്യക്തമായി നമുക്ക് കിട്ടത്തില്ല അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയുന്നു പക്ഷെ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല വാൽമീകിയാണ് രാമായണം രചിച്ചത് അപ്പം വ്യാസനാണ് ഭാരതവും ഭാഗവതവും ഒക്കെ രചിച്ചത് ഇവിടെയൊക്കെ വാൽമീകിയും വ്യാസനം രാമായണത്തിലും ഭാരതത്തിലെയും കഥാപാത്രങ്ങൾ കൂടിയാണ് ഇവരെപ്പോഴാണ് ഇത് രചിച്ചത് ഇപ്പോൾ വാൽമീകി രാമനോട് സംസാരിക്കുകയാണ് രാമായണം വാൽമീകി എപ്പോഴാണ് രചിച്ചത് ഈ രാമ വാൽമീകി സംവാദത്തിന് മുൻപെപ്പോഴാണ് ബാക്കിയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളേ രാവണ വധവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ എപ്പോഴാണ് രചിച്ചത് അറിയില്ല എന്തായാലും അധ്യാത്മരാമായണത്തിൽ തന്നെ പറയുന്നു ആദ്യം രാമായണം രചിച്ചത് ബ്രഹ്മാവാണ് നൂറ് കോടി ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ബ്രഹ്മാവ് എഴുതിയ രാമായണം ആ രാമായണം ഭൂതലത്തിൽ പ്രചരിച്ചിട്ടില്ല അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ വാൽമീകിയോട് പറഞ്ഞു നീ ഒരു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി രാമായണം ഒന്ന് ചുരുക്കി ഭൂമിയിലുള്ളവർക്ക് മുക്തി കിട്ടാനായി രചിക്കണം എന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു ദേവിയോട് വാൽമീകിയുടെ വിന്മേൽ കളിയാടി ആ രാമായണം മുഴുവൻ എഴുതാൻ അദ്ദേഹത്തെ സഹായിക്കണം അങ്ങനെ വാൽമീകി എഴുതിയതാണ് വാൽമീകി രാമായണം ഇതെപ്പോൾ എഴുതി ഇതിന് കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കരുത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് വാൽമീകിയാണ് എഴുതിയത് അത്രയൊക്കെ ധരിച്ചാൽ മതി എന്നിട്ട് പരമശിവൻ പാർവതിയോട് പറയുന്നു ഈ വാൽമീകി രാമായണം ചുരുക്കി രാമൻ എനിക്ക് ഉപദേശിച്ചു അതെപ്പോഴാ രാമൻ പരമശിവന് ഈ രാമായണം എപ്പോഴാണ് ഉപദേശിച്ചത് അങ്ങനെ ഉപദേശിച്ച രാമായണത്തിൻ്റെ പേരാണ് അധ്യാത്മരാമായണം ഇനി രാമൻ സ്വന്തം കഥ വിവരിച്ചതുകൊണ്ടായിരിക്കണം അധ്യാത്മരാമായണം പക്ഷേ ആത്മാവിനെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ ഉള്ള കഥ തന്നെക്കുറിച്ചുള്ള കഥ താൻ തന്നെ വിവരിച്ച് കേൾപ്പിക്കുന്നു പരമശിവന് ഇതെപ്പോഴാണ് എന്തിനാണ് കൂടുതൽ ചോദിക്കരുത് രാമൻ എനിക്കുപദേശിച്ചു എന്ന് പരമശിവൻ പാർവതിയോട് പറയുകയാണ് അതാണ് അധ്യാത്മരാമായണം അധ്യാത്മരാമായണം എന്നൊരു പുസ്തകം സംസ്കൃതത്തിലുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതാണ് എഴുത്തച്ഛൻ തർജിമയ്ക്ക് തിരഞ്ഞെടുത്തത് പക്ഷേ സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഒട്ടേറെ ഭാഗങ്ങൾ എഴുത്തച്ഛൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചിലയിടത്തൊക്കെ വാത്മീകി രാമായണത്തിൽ നിന്നും കഥകൾ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധ്യാത്മരാമായണം വ്യാസന എഴുതിയതാണ് എന്നും പൊതുവെ ഒരു പ്രശസ്തിയുണ്ട് ഭാരതം പോലെ തന്നെ അധ്യാത്മരാമായണവും വ്യാസനെഴുതിയതാണ് ഇവിടെയൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ പോയാൽ നമ്മൾ കൂടുതൽ ഇരുട്ടിലാവുകയുള്ളൂ അതുകൊണ്ട് ഈ കിട്ടുന്നതൊക്കെ മനസ്സിലാക്കി വെച്ചോള നമുക്ക് തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം ആദ്യം ബ്രഹ്മാവാണ് രാമായണം ലഭിച്ചത് ൂറ് കോടി ശ്ലോകങ്ങളാണതിൽ പിന്നെ വാൽമീകി അതിൽ ഇരുപത്തിനാലായിരം ശ്ലോകം അത് ചുരുക്കി രാമന് കൂടുതൽ ബ്രഹ്മത്വം നൽകിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് അധ്യാത്മ എന്തായാലും ആത്മീകിയാണ് പ്രധാനമായും ഭൂമിയിൽ രാമായണം പ്രചരിപ്പിച്ചത് അദ്ദേഹം തൻ്റെ കഥ പറയുന്നു അലോ രാമ ഞാൻ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ അലയോ രാമ അങ്ങയുടെ നാമമാഹാത്മ്യം വർണ്ണിക്കാൻ അസാധ്യം എന്തുകൊണ്ട് ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ഞാൻ ബ്രഹ്മർഷിയായി അങ്ങയുടെ നാമം ജപിച്ച് ഈ നാമജപം നടന്നത് രാമായണ കഥ മുഴുവൻ പൂർത്തിയായതിനു ശേഷമാണോ അതൊന്നും ഇപ്പോൾ ചോദിക്കരുത് ഇത്രയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക ഇത് വാത്മീകി തന്നെ പറയുന്നതാണ് ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്ത പലതരം ഞാൻ ഒരു ബ്രാഹ്മണനായി ജനിച്ചു പക്ഷെ എന്തോ കാട്ടാളന്മാരുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് പലതരം ദുരാചാരങ്ങളിൽപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ജന്മമാത്രജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ നമുക്ക് ചെറുപ്പം വായിച്ചു പോകാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളല്ല ശൂദ്രസമാചാരത്പരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിരു സന് നിശ്രവം ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലുവമ്പം ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ അങ്ങനെ ജന്തുക്കളെ കൊതിച്ച് ചതിക്കുക വയ്യാത്രക്കാരുടെ സാധന സാമഗ്രികൾ പിടിച്ചുപറിച്ചു ജീവിക്കുക അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി നിർദ്ദയം പ്രാപ്തൻ അപ്പോഴാണ് ഒരു ദിവസം സപ്തമുണികൾ വരുന്നതുകൊണ്ട് ഞാൻ സപ്തർഷികൾ ഇങ്ങനെ നടന്നു വരുന്നു തത്ര വേഗേനെ ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ വറിച്ചിടുവാൻ മുഖനായി മധ്യാന്നർത്താണ്ട് തേജസ്വരൂപികൾ മധ്യാന്ന സൂര്യനെപ്പോലെ തേജസ് ചുറ്റും ഇതിൽ കൊണ്ട് സപ്തർഷിമാർ വന്നപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു മൃദയം പ്രത്തനാം ദുഷ്ടനാം എന്ന വിദ്രുതം മൃജനേ ഘോരമഹാവനെ ദൃഷ്ട സസംഭമെന്നോടരു തിഷ്ടിഷ്ടത്വ കർത്തവ്യമത്രയ്ക്കും നിൽക്ക് നിൽക്ക് എന്താ എന്താ നിനക്ക് വേണ്ടത് ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നതുഷ്ട്യ മുനിവരന്മാരാൾ ചെയ്തപ്പോൾ ഇന്ന് നമുക്ക് സ്വൽപ്പം ഇങ്ങനെ അങ്ങ് വായിച്ചു പോകാം ഇതൊക്കെ മനസ്സിലാവുന്ന ഭാഗങ്ങൾ നമ്മുടെ വാൽമീകിയെക്കുറിച്ചല്ലേ അതുകൊണ്ട് അല്പം വായിക്കാം നിഷ്ഠുരാത്മാവായ ഞാനും അവളോട് ഇഷ്ടം മതീയം പറഞ്ഞേ നിർവാത്മജ ഇതൊക്കെ രാമനോട് പറഞ്ഞു കേസിപ്പിക്കുകയാണ് വാൽമീകി പുത്തധാരാധികളുണ്ട് എനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു എനിക്ക് കുടുംബമുണ്ട് അവരൊക്കെ വളരെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് പ്രത്യേകിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുവാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ മുരിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദനം അവരൊന്ന് ചിരിച്ചു മുനിമാർ എന്നിട്ട് പറഞ്ഞു എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്ന് ചോദിക്ക നീ ഈ വരുന്ന ഭാഗങ്ങൾ നമ്മളൊക്കെ അല്പമൊന്നും ശ്രദ്ധിച്ച് കേട്ട് ഓർമ്മിച്ചാൽ തിരക്കട്ടില്ല നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസേന വളരെയധികം ദുരാചാരങ്ങൾ ചെയ്യുന്നു ആ പാപത്തിൽ കുറയെങ്കിലും നിങ്ങളും പകുത്തുവാങ്ങുമോ എന്ന് കുടുംബത്തോട് പോയി ചോദിക്കണം ഇത്തമാകരണ്യ ഞാൻ എന്നു നീച്ചെന്നു ചോദിച്ചുവരുവോളം നിന്നിയിടും അത്രവ ഞങ്ങൾ നിസ്സംശയം ഇത് ചോദിച്ച് വരുന്നതുവരെ ഞങ്ങളിവിടെ നിൽക്കും ഇത്തമാകരനെ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്ത് ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തത്ഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണം എന്നു ഞാൻ ചെന്നതിന് ഉത്തരം ആയവരെന്നോട് ചൊല്ലിനതൊരു പരമമായ രഹസ്യം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം കർമ്മം മാനസികമായി തന്നെ ആ കർമ്മത്തിനൊരു രൂപമുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യാൻ അവരവരുടെ മനസ്സിൽ ഓരോ ഭാവങ്ങൾ രൂപപ്പെടുത്തുകയാണ് ആ ഭാവങ്ങളൊക്കെ അവരല്ലാതെ മറ്റുള്ളവരെങ്ങനെ അനുഭവിക്കാനാണ് സത്യം പറയണമെന്ന് ഞാൻ ചെന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ ഭുജിക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുകുന്നേ വരൂ ഈ രണ്ടു വരികളും പണ്ട് പണ്ടേ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് രാമായണം വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും അറിയാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുകുന്നേ വരൂ ഞാനും മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരോധരം അത് കേട്ടപ്പോൾ വാഗ്മിക്ക് ജീവിതത്തോടൊരു വിരക്തി തോന്നി നമ്മൾ സങ്കബദ്ധരായി ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു മരണവേളയിൽ ആ സംഘം മൂർച്ഛിച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പങ്ങൾ ഒരുക്കൂട്ടുന്നു ഈ സങ്കല്പങ്ങളും കൊണ്ടാണ് സൂക്ഷ്മശരീരം അഥവാ അന്ധകരണം ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും മരണവേളയിൽ ഇറങ്ങി പോകുന്നതും അതായത് ജീവൻ ചിത്തത്തോടു കൂടിയ ജീവൻ ജീവൻ ചിത്തത്തിലെ പ്രതിബിംബമാണ് എന്ന് നാം ചർച്ച ചെയ്തല്ലോ തീർന്നാൽ പ്രതിബിംബം ഇല്ല ചിത്തമുള്ളിടത്തോളം പ്രതിബിംബം ഉണ്ടാവും അപ്പോ ചിത്തം എവിടെയൊക്കെ ഉള്ളോ പ്രതിബിംബത്തോട് ജീവനോടുകൂടിയായിരിക്കും പോവുക ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ ഇത് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും എന്നുവരെ എടുത്ത് പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂതസനാതന മനഃഷ്ടാനിന്ദ്രിയണി പ്രകൃതിസ്ഥാന കർഷത്തി ഭാഗം പലർക്കും സംശയമുള്ള ഭാഗമാണ് മരിച്ചാൽ പിന്നെ ജന്മമുണ്ടോ ജനിച്ചാൽ പിന്നെ മരണമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് മരിച്ചാൽ ജന്മമുണ്ടോ ഇല്ലയോ എന്തിന് ചോദിക്കണം വളരെ വ്യക്തമല്ലേ മരിക്കാൻ സമയത്ത് ഇനിയും പല ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ആഗ്രഹങ്ങൾ നിറവേറണ്ടേ അതിന് തൽക്കാല ശരീരം സമർത്ഥമല്ല വേറൊരു ശരീരവും അംഗീകരിക്കുക ഭ്രമം ഇത് ജനന ഭ്രമമാണ് അപ്പം ജനനമൊക്കെ ഉണ്ടെന്നാണോ സാർ തീർച്ചയായും ഭ്രമതലത്തിൽ ഇതെല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ഉണ്ടോ ഒരു ഭ്രമമാണ് ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളതിനെന്താ ചെല്ലിവ ഉണ്ട് എനിക്ക് വീടുണ്ട് കുടുംബമുണ്ട് എന്നൊക്കെ നമ്മൾ ഭ്രമിച്ച് കഴിഞ്ഞുകൊടുക്കുന്നു അപ്പോൾ ജനനവും ജീവിതവും ചിത്തത്തിൻ്റെ ഭ്രമമാണ് ചിത്തമേ വഹി സംസാര ചിത്തമാണ് സംസാരം ചിത്തമെങ്ങനെയോ മർത്യനങ്ങനെ ഗുഹ്യമേ തത് സനാതനും ഏത് ചക്രവർത്തിയോ ഈ നിയമം പരീക്ഷിച്ചു നോക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്ന ഘടകമേത് നിങ്ങളുടെ ചിത്തം വലിയ വ്യവസായ സംരംഭങ്ങളും ധനസമ്പത്തും ഒക്കെയായിട്ടൊരാൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹം വ്യവസായി എന്തുകൊണ്ട് അയാളുടെ ചിത്തം എപ്പോഴും ഈ വ്യവസായങ്ങളും അത് വളർത്താനുള്ള കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്നു മരിക്കാറാവുമ്പോൾ ആ ചിന്തയൊക്കെ അതിൻ്റെ മൂർധന്യ ദശയിൽ നിൽക്കുന്നു അടുത്ത കാലത്ത് പല വ്യവസായികളും ഇന്ത്യയിൽ മരിച്ചല്ലോ അവരൊക്കെ അവരുടെ വൻപിച്ച വ്യവസായത്തെ ഉള്ളിൽ കൊണ്ടുപോവുക അത് തീരുന്നില്ല ആഗ്രഹമൊന്നും തീരുന്നില്ല വീണ്ടും വ്യവസായിയായി ഒന്ന് ജനിക്കുന്നു ഭഗവാൻ പറയുന്നുണ്ടേ ആസുരിയും യോനിമാപന്നാഹ മൂഷാ ജന്മനി ജന്മനി മാം അപ്രപ്യവ കൗദ്ധേയ തഥോയം വ്യഥമാം ഇപ്പോ തികച്ചും ഒരു അസുരഭാവവുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അസുരഭാവവുമായിട്ട് തിരിച്ചുവരും നിശ്ചയമാണ് കാരണം ചിത്തമാണ് ജനനത്തിന് കാരണം ജീവിതത്തിന് കാരണം നമ്മളിപ്പോൾ ആരായിരിക്കണം നിങ്ങളുടെ സന്യാസി ആയിരിക്കണോ അതേ ചിത്തം സന്യാസഭാവങ്ങൾ കൊണ്ടാൽ സന്യാസി കൃഷിക്കാരന്റെ ഭാവങ്ങൾ കൊണ്ടാൽ കൃഷിക്കാരൻ പട്ടാളക്കാരന്റെ ഭാവം ഉണ്ടാൽ പട്ടാളക്കാരൻ മോഷ്ടാവിൻ്റെ ഭാഗങ്ങൾക്കുണ്ടാൽ മോഷ്ടാവ് ആരാങ്ങനെ അംഗത്തീർക്കുന്നത് ചിത്തം ചിത്തമേ വഹി സംസാര തത് പ്രയത്നേന ശോധയേ ഈ ഒരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മുടെ ചിത്തത്തെ എന്ത് വില കൊടുത്തും ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ചിത്തമനുസരിച്ച് മനുഷ്യ പക്ഷി മൃഗവൃക്ഷ ലതാദി ജീവിതങ്ങൾ തുടരേണ്ടി വരും ഭ്രമ ജീവിതങ്ങൾ തുടരേണ്ടി വരും ചിത്തം തീർന്നോ പ്രതിബിംബമായ ജീവൻ ബിംബത്തിൽ ലയിക്കും അതായത് ഒരു സൂര്യന്റെ ഒരു പ്രതിബിംബം ഒരു ജലപാത്രത്തിൽ കാണപ്പെടുന്നു എന്ന് വെക്കുക ജലം ഉള്ളിടത്തോളം പ്രതിബിംബമുണ്ടാകും ജലം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും ജലം കറ്റുപിടിച്ചാൽ പ്രതിബിംബം ഇല്ലെന്ന് പോലും തോന്നും ജലം ഇല്ലാതായാൽ ജലപാത്രത്തിലെ സൂര്യബിംബം ബിംബമായ സൂര്യനുമായി ഏകീകരിക്കും അതാണ് നമ്മുടെ ജീവൻ ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് ചിത്തമാണ് ആ പ്രതിബിംബത്തിന് ആശ്രയം ഈ രഹസ്യം പരമമായ ശാസ്ത്രസത്യമാണ് ജനന മരണത്തിന്റെ ശാസ്ത്രീയമായ വിവരണം എത്രകാലം ഈ ചിത്തമുണ്ടോ അത്ര കാലവും ജനന മരണഭ്രമം തുടരും ഭഗവാൻ പറയുന്നത് ഉത്ക്രാനന്ദം സ്ഥിതം വാഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷ ചിത്തം സൂക്ഷ്മശരീരമാണ് അത് തേജോമയമാണ് എങ്ങനെ അറിയാം സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മറ്റൊരു വെളിച്ചമില്ലെങ്കിൽ പോലും സ്വയം ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി ജീവിക്കുന്നു അതുകൊണ്ട് ചിത്രം തേജോമേമാണ് മരണവേളയിൽ ഈ ചിത്തം ഒരാളിൻ്റെ ചിത്തം ശമിച്ചിട്ടില്ലെങ്കിൽ ആഗ്രഹം ശമിച്ചിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നത് ജ്ഞാനികൾക്ക് കാണാമെന്നാണ് കൃഷ്ണൻ പതിനഞ്ചാം അധ്യായം വായിച്ചു നോക്കുക പതിനഞ്ചാം അധ്യായത്തിലെ ഏഴ് എട്ട് ഒൻപത് എന്നീ പദ്യങ്ങൾ ഗീതയിലെ പദ്യങ്ങൾ ഇന്നുപോയി വായിച്ചു നോക്കുക ഞാനുകൾ കാണുന്നു അല്പം മനസ്സ് ഒന്ന് ഏകാഗ്രപ്പെട്ടാൽ തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്ക് കണ്ടറിയാം അപ്പോൾ പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ചുരുക്കത്തിൽ ആഗ്രഹങ്ങളുടെ സങ്കൽപ്പങ്ങളുടെ ഇരിപ്പിടമായ ചിത്രം എത്ര ആഗ്രഹങ്ങൾ വച്ച് പുലർത്തുന്നുവോ അത്രനാൾ ആഗ്രഹങ്ങൾ നേടാനായി ജനിക്കുകയും മരിക്കുകയും ചെയ്തേ തീരൂ അല്ലാതെ എങ്ങനെ നേടും മരിക്കാറായപ്പോൾ പ പല സങ്കല്പങ്ങൾ അത് നേടിയെടുക്കണമെങ്കിൽ പുതിയൊരു ശരീരം ഉണ്ടായാലല്ലേ പറ്റൂ ഇതാണ് ചിത്തമേയവഹി സംസാര തത് പ്രയത്നേന ശോധയെ ഗീത വീണ്ടും പറയുന്നു മഹർഷിമാരും മറ്റും രാപകൽ ഭഗവാനെ സ്മരിക്കുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതും ചിത്തത്തെ ശുദ്ധീകരിക്കാനാണ് കായേന മനസ്സാവാച കേവലരിൽ ഇന്ദ്രിയയിലി യോഗിനകർമ്മകുറുവന്തി സംഘം തിത്വ ആത്മശുദ്ധയെ സംഘമുപേക്ഷിച്ച് എവിടെയും ജഗതീശ്വരനെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കാമെങ്കിൽ ഈ ക്രമേണ ചിത്തം അങ്ങ് പോവും മരിക്കാറാവുമ്പോൾ ഉള്ളിൽ ഭഗവാൻ മാത്രം സർവം ബ്രഹ്മമയം ഒരു സങ്കല്പമില്ല ഇതൊക്കെ നമുക്കനുഭവിക്കാം വേണമെങ്കിൽ അവനവന്റെ ചിത്തത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്തർമുഖമായി പരിശോധിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഇനി അതിനകത്തുണ്ട് എന്നൊന്നും നോക്കാം ഉള്ളതൊക്കെ കാണാൻ പറ്റും നല്ല ബ്രഹ്മനിഷ്ഠ കുറച്ചിട്ടുണ്ടെങ്കിൽ സർവം ബ്രഹ്മമയം എന്ന വസ്തുബോധം ഉറച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം സുഖത്തിനാണല്ലോ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ച് വളർത്തുന്നത് നല്ലൊരു ബ്രഹ്മനിഷ്ഠ ഉറപ്പുള്ള ആളുകളത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാലും അങ്ങനെ എന്താഗ്രഹം യാതൊരാഗ്രഹവുമില്ല എന്താ കാര്യം നല്ല സുഖം നല്ല ശാന്തി ഞാനിനെ എന്തിനാഗ്രഹിക്കണം എന്നദ്ദേഹത്തിന് തീർത്തു പറയാൻ കഴിയും ആ കഴിവുണ്ടാക്കിയെടുക്കുക ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിച്ചേ പറ്റും ചിലപ്പോൾ പശുവാദിസ്ഥാവരം ത അധോ ഗത്തി എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ഓരോരുത്തർക്കുള്ള ആഗ്രഹങ്ങളുടെ തോഹതനുസരിച്ച് പശു പക്ഷി മൃഗവൃക്ഷലതാദി ജീവിതം അങ്ങനെയൊക്കെ വരുമോ സാറ് അങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് കാണുന്ന അനന്ത കോടി ജീവിതങ്ങളുടെ രഹസ്യമെന്താണ് കാണുന്നില്ലേ പക്ഷി വൃക്ഷ മൃഗല താതെ അനന്ത കോടി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ എന്തെന്തെല്ലാം ജീവിതങ്ങൾ അല്ല അങ്ങനെയൊക്കെ ആകണം എന്ന് ഒരാൾ മരിച്ചപ്പോൾ ചിന്തിച്ചിരിക്കുമോ സാർ അങ്ങനെയൊക്കെ ആകണം എന്നല്ല ചിന്തിക്കുക ഒരാഗ്രഹം ചില ആഗ്രഹങ്ങൾ മൃഗമായിട്ടൊക്കെ ജനിച്ചാൽ കൂടുതൽ ഇഷ്ടം പോലെ അനുഭവിക്കാം അല്ലാതെ എനിക്ക് ഇന്ന മൃഗമാവണം എന്ന് ചിന്തിക്കില്ല ഈ ആഗ്രഹം എനിക്കതിയായി അനുഭവിക്കണം അനുഭവിച്ചോ അങ്ങനെ ഏതു ജീവിതം കിട്ടിയാൽ ഒരാഗ്രഹം അനുഭവിക്കാൻ ചുറ്റുപാട് തടസ്സമല്ലാതാകുമോ ആ ചുറ്റുപാടിലെ ജന്തുവായി ജനിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിച്ചേ തീരൂ അതിന് വേറെ പോകുമ്പൊഴിയൊന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല മറ്റുള്ളവരാണ് എൻ്റെ കാരണം ഒരിക്കലുമല്ല ഒരിക്കലും മറ്റാരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കണം എന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഞാനാണ് നിശ്ചയിക്കുക ചുറ്റുപാട് എവിടെ എങ്ങനെയായാലും ഞാൻ എവിടെയും ഈശ്വരനെ മാത്രമേ കാണൂ എന്നുറപ്പുണ്ടെങ്കിൽ എന്നെ ദുഃഖിപ്പിക്കാൻ എന്നെ ആപത്തിലകപ്പെടുത്താൻ ഈ ലോകത്ത് കഴിയും അതുകൊണ്ടാണ് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ എന്നിങ്ങനെ താൻ തൻ നിരന്തരം ഇവരെയുള്ള ഓർമ്മിക്കുക താൻ തൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയവരൂ ഇതുകൊണ്ടൊക്കെ മക്കളുടെയും ബന്ധുക്കളുടെയും കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാക്കിക്കളയരുത് സകലരുടെ കാര്യവും അന്വേഷ കാര്യവും അന്വേഷിക്കൂ ബ്രഹ്മയജ്ഞം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ് ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന കുടുംബത്തിനകത്തിരുന്നു കൊണ്ട് ജീവിതത്തെ ഗംഭീരമായ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റൂ ജീവിതകർമ്മചലനങ്ങൾ എന്തുമാവട്ടെ മനസ്സ് അത് ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുമെങ്കിൽ ജീവിതം ്രഹ്മയജ്ഞം എന്നാണ് കൃഷ്ണൻ പറയുന്നത് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ യജ്ഞം ബ്രഹ്മയജ്ഞമാണ് വേറെ പല യജ്ഞങ്ങളിലും ഇവിടെ നടക്കാറുണ്ടല്ലോ ഏറ്റവും വലിയ യജ്ഞം ശ്രേയാൻ ദ്രവ്യമയാദ യജ്ഞ ജ്ഞാനയജ്ഞപ്പരം തപ്പ അല്ലെ അർജുന ജ്ഞാനയജ്ഞം ഈ ബ്രഹ്മയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം വാസ്തവത്തിൽ എന്തെല്ലാം ുള്ള യജ്ഞമെന്നറിയാമോ അഗ്നി ഉള്ളും വേണ്ട ഹോമദ്രവ്യങ്ങളൊന്നും വേണ്ട എല്ലാം ബ്രഹ്മം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഹവിസ് ബ്രഹ്മം തന്നെ അഗ്നി ബ്രഹ്മം തന്നെ ഹോമം ചെയ്യുന്നത് ബ്രഹ്മം എന്തിനു ഹോമം ചെയ്യുന്നു ബ്രഹ്മപ്രാപ്തി അതിനെന്തു വേണം ആഹാരം പാചകം ചെയ്യുകയാണ് അത് ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുക ഇത്രേയുള്ളൂ ഞാൻ ആഹാരം അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നത് ബ്രഹ്മപൂജ ബ്രഹ്മയജ്ഞം വേറൊന്നും ആവശ്യമില്ല ബ്രഹ്മപൂജയ്ക്ക് മഹാഭാരതത്തിലെ വ്യാസനം ധർമ്മവ്യാസനം ഇറച്ചി വെട്ടി വെക്കുന്നത് ബ്രഹ്മപൂജ എന്ന് തീരുമാനിച്ചു അദ്ദേഹം മഹാജ്ഞാനിയായി തീർന്നു മറ്റനേകം യോഗിമാരും മറ്റും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒന്ന് ഈ ജ്ഞാനോപദേശം തേടി രക്ഷപ്പെടുന്നതായിട്ടാണ് പറയുന്നത് അപ്പോ ഇതാ വാൽമീകിവിടെ കഥയും അതാണേ ഇത് കേട്ടപ്പോൾ വാൽമീകി ആ കള്ളൻ അതുവരെ കള്ളന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഭാര്യ ഭാര്യയോടോ മക്കളോടോ ഒന്നും ദേഷ്യമൊന്നും അല്ലെ ഭർത്താവിനോടോ ഒന്നും ദേഷ്യം തോന്നിയിട്ടൊരു കാര്യമില്ല ആർക്കും ഏത് കുടുംബത്തിനും വേണ്ടി ഗംഭീരമായി പ്രവർത്തിക്കാം പക്ഷേ കുടുംബവും കുടുംബാംഗങ്ങളും ഒക്കെ ഈശ്വരൻ ഈശാവാസിമിതം സർവം ഉള്ളിലത് നല്ല ഉറപ്പ് വേണം ഉള്ളിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അർജുന യുദ്ധം പോലും ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ ഭീഷ്മരുടെ മാറിവിടത്തേക്ക് അമ്പ അയക്കുമ്പോൾ ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ ഭീഷ്മർ ബ്രഹ്മം നീ ബ്രഹ്മം അയക്കുന്നേ അമ്പ് ബ്രഹ്മം ബ്രഹ്മയജ്ഞം ഭീഷ്മർക്ക് നേരെ അമ്പയക്കുന്നത് ബ്രഹ്മയജ്ഞം അതൊന്നുമല്ല എൻ്റെ അപ്പനാണ് വലിയ ആളാണ് അദ്ദേഹത്തെ കൊല്ലും അത് പാപം കണ്ട ചിത്തം പോയി ചിത്തം എല്ലാം ബ്രഹ്മമാണെന്ന് ഉള്ള ശാസ്ത്രീയ സത്യം ഓർമ്മിക്കുന്നതിന് പകരം എൻ്റെ അപ്പപ്പൻ എൻ്റെ ഇന്നാർ അദ്ദേഹത്തിൻ്റെ നേരെ അമ്പയക്കുന്നത് വലിയ പാപമാണ് ഇതൊക്കെ കൂടെ ഉള്ളിൽ വന്നപ്പോൾ പ്രാളവും വലു കൈയിൽ നിൽക്കുന്നില്ല ആമ്പ് താഴെ വീഴുന്നു ശീതം നിമ ഗാത്രാണി മുഖം ചെ പരിശുഷ്യത്തി ഇത്രയുള്ളു രഹസ്യം മനസ്സിനെ നിങ്ങൾ ഏത് രീതിയിൽ പാകപ്പെടുത്തുന്നുവോ ആ മനസ്സാണ് മോക്ഷവും ബന്ധവും ഒക്കെ ഉണ്ടാക്കിത്തരുന്നത് ഇവിടെ പലതു കണ്ടിട്ട് അതിനോടൊക്കെ മനസ്സുകൊണ്ട് സംഘബദ്ധമായി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടിരുന്നാലും ബന്ധവും ദുഃഖവും നേരെ മറിച്ച് എല്ലാം ഉള്ളിൽ ബ്രഹ്മമയമായി കണ്ടുകൊണ്ട് ആർക്കു വേണ്ടി ചെയ്യുന്ന എന്ത് കർമ്മവും ബ്രഹ്മപൂജയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടിരുന്നാലും മോക്ഷം ഇത് ഉറപ്പുവരുന്ന നിമിഷം മോക്ഷം ഇതാണ് രഹസ്യം എന്തായാലും വാൽമീകിക്ക് അത് ബൗദ്ധമായി അദ്ദേഹം തിരിച്ച് മഹർഷിമാരുടെ അടുക്കൽ വന്നു ഞാനും ഇതു കേട്ടു ജാതകുർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചു രോദകം താപസന്മാർ തന്നരുളും നദിക്കുന്നു പാപേനവെന്ന് നമസ്കരിച്ചിടിനെ നിത്യ തപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതൻ നന്ദക്കരണവും കണ്ടോ ആ ജ്ഞാനനിഷ്ഠരായ മുനിമാരുടെ സംഘം നമ്മളീ സത്സംഗം സത്സംഗം പറയുന്നു വളരെ നല്ലത് പക്ഷെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഘമായിരിക്കണം എങ്കിൽ മാത്രമേ സത്സംഗം എന്ന പേരിന് അർഹതയുള്ളൂ വാൽമീകി കിരാതനായിരുന്ന വാൽമീകി സപ്തരുഷിമാരും ആയിട്ടുള്ള സംഘം അതിവേഗം ശുദ്ധനായി ഭവിച്ചു എന്നിട്ടോ തെക്വാ ധനുശരാബ്ദ്യങ്ങളും ദൂരരാൻ വെല്ലു വമ്പൊക്കെ ഞാൻ ദൂരൊലിച്ചെറിഞ്ഞു ഭക്ത നമസ്കരിച്ചേൻ പാദസൻ നിധവും ദുർഗതിസാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചീഴും എന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനം എന്ന് അവരുടെ കാൽക്കിൽ വീണ് നമസ്കരിച്ചു അവര് പിടിച്ചെണീപ്പിച്ചു എന്നിട്ട് ഇത് മുക്വ രാമനാമമന്ത്രദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ ശരി ഇവിടെ ഇരുന്ന് രാമനാമം ജപിക്കൂ അതെങ്ങനെ രാമാ ചൊല്ലിക്കൊടുത്താൽ ഇയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ പല നാൾ കഴിയുമ്പോൾ രാമ രാമം മരാ മര എന്നായിപ്പോകും അതുകൊണ്ട് ചൊല്ലിക്കൊടുത്തു വ്യത്യസ്ത രൂപയാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ രാമ രാമന്നാവും എന്തായാലും അത് കേട്ടു ഏകഗ്രമായി രാമനാമം ജപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അപ്പോൾ കണ്ടോസാര രാമനാമം ജപിച്ചത് മാത്രം വാൽമീകി ബ്രഹ്മർഷിയായില്ലേ പിന്നെന്ത് നമുക്കായിക്കൂടാ ഒരു വിരോധമില്ല വാൽമീയ ജപിച്ചതുപോലെ ജപിക്കണം അത്രേ ഉള്ളൂ അവർ പോയി കുറെ കഴിഞ്ഞിട്ടവര് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ എന്താ കണ്ടത് ഒരു പുറ്റിനകത്ത് ഒരു പുത്ത് ആ പുത്തിനകത്ത് രാമമന്ത്രം കേൾക്കുന്നു അതാണ് അവർ കണ്ടത് കുറെ വളരെ കാലം കഴിഞ്ഞേ ഇതാ അതുപോലെ ജപിക്കാൻ പറ്റുമോ പുറ്റുണ്ടായതറിഞ്ഞില്ല രാമനാമത്തിൽ മുഴുകി രാമമയം താനും ചതൽപ്പുറ്റും ഒക്കെ രാമമയം താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാൽ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടന്ന് ചെന്നത് കേട്ടുനൻ നിർഗമിച്ചീടിനെ നാശുമാഘൂതരാം ആ ശബ്ദം കേട്ടിട്ട് അവർക്ക് മനസ്സിലായി അവരെ ഇറങ്ങിവരൂ എന്ന് വിളിച്ചു പറഞ്ഞു വൽമീകം പിളർന്ന് വൽമീകം എന്ന് വെച്ചാൽ ചെതൽ പുറ്റൻ എന്നാണ് ചെതൽപുറ്റ് പിളർന്ന് വൽമീകം ലായാണ് വാൽമീകി തായൊന്നും അല്ല ലാ വൽമീകൻ പിളർന്ന് ഇറങ്ങിവന്നു വാൽമീകമധ്യ തോന്നുന്നു ജനിക്കയാൽ അം മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ വാൽമീകിയം മുനിശ്രേഷ്ഠൻ ഭവാൻ വാൽമീകി വാൽമീകത്തിൽ നിന്നും വന്നവൻ വാൽമീകി എന്ന അർത്ഥത്തിൽ വാൽമീകി എന്ന പേരും നൽകി എന്നൊരു ചെയ്ത് എഴുന്നള്ളി മുണികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും ഇത്രയുമായാൽ പിന്നെ ബ്രഹ്മനിഷ്ഠയ്ക്കൊരു താമസവും ഇല്ല മനസ്സ് പല പല ചിന്തകളില്ല പോയി പലതില്ല രാമൻ മാത്രം അതുതന്നെയാണ് ബ്രഹ്മനിഷ്ഠ ആരംഭിച്ചാലും എന്ത് നാമോച്ചാലും മറ്റൊന്നില്ലാത്ത വണ്ണം ഒന്നിൽ മനസ്സ് അലിഞ്ഞുചേരാൻ കരുത്തുള്ളതാകുമോ അതുതന്നെയാണ് ബ്രഹ്മനിഷ്ഠ അതിലൊറ്റ ആനന്ദവും ശാന്തിയും അവിടെ അനുഭവപ്പെടും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേൻ ഇന്നും സീതാസുമിത്രമജന്മാരോടും നിന്ന മുതാകാൻമതിന് അവകാശവും വന്നി തനിക്ക് ഇവിടെ നിന്നക്കാൺമെന്നുവെച്ചാൽ ഞാൻ ഇന്ന് എല്ലാം രാമമയമായി കാണുന്നു വാൽമീകിക്ക് അത് സാധ്യമായി എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഇന്നലെ വായിച്ച ആ സ്ഥിതപ്രജ്ഞലക്ഷണം സ്ഥിതപ്രജ്ഞന്മാരുടെ അനുഭവസ്വരൂപം ഇന്നലെ വാൽമീകി വിവരിച്ചല്ലോ രാമന് താമസിക്കാനുള്ള സ്ഥലം കാട്ടിക്കൊടുക്കാനായി വാത്മീകി ഇന്ന് നല്ല അത് സ്ഥിതപ്രജ്ഞനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് രാമലക്ഷ്മണന്മാരിൽ മാത്രമല്ല ആരിലും ബ്രഹ്മത്തെ കാണാനൊരു പ്രയാസമില്ല നമുക്കൊക്കെ നേടേണ്ടത് അതാണ് നമുക്കത് ഇന്ന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർ വാസ്തവത്തിൽ നമ്മളൊക്കെ ബ്രഹ്മത്തിൻ്റെ തൽക്കാലം വേണമെങ്കിൽ അവതാരങ്ങളാണ് തൽക്കരം വെച്ചാൽ ബ്രഹ്മനിഷ്ഠ ഉറപ്പില്ലല്ലോ ഉറപ്പായാൽ പിന്നെ അവതാരത്തിൻ്റെ ആവശ്യമില്ല ബ്രഹ്മം തന്നെ സർവം ബ്രഹ്മമയം ബ്രഹ്മനിഷ്ഠ നല്ല ഉറപ്പ് വരുന്നയാൾക്ക് അവതരിക്കേണ്ട കാര്യമില്ല ബ്രഹ്മമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല അതുവരെ ഈ അവതാരം എന്ന ആ കാഴ്ചയെങ്കിലും കാട്ടിത്തന്ന് നമ്മെ ആ സത്യത്തിലേക്കുയർത്തി വിടുക എന്നുള്ളതാണ് അവതാരകഥകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒക്കെ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ശുഗൻ പരീക്ഷത്തിനോട് പറയുന്നു പരീക്ഷത്തെ കൃഷ്ണൻ ജനിച്ചു നിങ്ങളുടെ വിചാരം കൃഷ്ണൻ ജനിച്ചില്ല കൃഷ്ണൻ ബ്രഹ്മമാണ് ബ്രഹ്മത്തിന് ജനിക്കാൻ സാധ്യമല്ല പിന്നെ എന്തിനൊക്കെ നിങ്ങളെയൊക്കെ ആ ബ്രഹ്മനിഷ്ഠയിലേക്ക് ഉയർത്താൻ മായ തന്നെ ഉണ്ടാക്കി തീർക്കുന്ന മറ്റൊരു വിദ്യയാണ് അവതാരം അതുമൊക്കെ ആ മായയിലാണ് വിഷ്ണുവും ശിവനും ഒക്കെ മായ എന്ന് ഞാൻ പറയുന്നതല്ല വിഷ്ണു തന്നെ നാരദനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം പിന്നെ എന്തിനാ അത് ഇപ്പം മായയിൽപ്പെട്ട് കിടക്കുകയല്ലേ കുറച്ചുകൂടെ ഉയർന്ന ഒരു മായ അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ഘട്ടം വരുമ്പോൾ മായയിൽ നിന്നും മോചിക്കാം ചെളിയിൽ നിന്നും ചെളിവെള്ളത്തിൽ നിന്നും ഒരാൾക്ക് കരകയണം എന്താ മാർഗം ചെളിവെള്ളത്തിൽ കൂടെ തന്നെ നടന്നു വന്നാലേ പറ്റൂ കരയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെളിവെള്ളം വേണ്ട എല്ലാ സാധനാ മാർഗങ്ങളും എല്ലാ അവതാര വർണ്ണനകളും എല്ലയ്ക്കകത്താണ് പക്ഷേ ഭരണസത്യത്തോടടുപ്പിക്കുന്നമായ വിദ്യ ഭരണസത്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നമായ അവിദ്യ ഉപനിഷത്തുകൾ ഇതെല്ലാം വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കുക ഇതിന് നമ്മൾ ഈ രാമായണം തൽക്കാലജനത്തോടെ തീരുകയാണല്ലോ ഈ സത്യമറിഞ്ഞ് ഏത് തരത്തിൽ ഈശ്വരഭജനം നടത്തുന്നതിന് ഒരു വിരോധമില്ല പ്രത്യേകിച്ചൊരു ഈശ്വരഭജനം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരഭജനമാക്കി മാറ്റുക അതിനൊക്കെയുള്ള ഒരേ വഴി ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് ശാസ്ത്രീയ സത്യം ഇത് ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഇവിടെ അമീപമുകൾ സൂര്യചന്ദ്രന്മാർ വരെ ബോധത്തിലെ നാമവും രൂപവും ബോധം നാമം രൂപം നാമവും രൂപവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല വസ്തു എവിടെയും ബോധം മാത്രം സ്വർണം കൊണ്ട് ആയിരം ആയിരം ആഭരണങ്ങൾ ഉണ്ടാക്കിവെച്ചാലും സ്വർണം നാമം രൂപം ആഭരണങ്ങളുടെ നാമം രൂപം സ്വർണം വസ്തു എത്രയെത്ര ആഭരണങ്ങൾ ഉണ്ടായാലും പുതിയ വസ്തുല്ല ഈ ലളിതമായ സത്യം മനസ്സിലാക്കി ബോധമാണ് ബ്രഹ്മം ബോധമില്ലയോ അമീബയുമില്ല വിഷ്ണുവുമില്ല ശിവനുമില്ല നിശ്ചയം അതുകൊണ്ട് വിഷ്ണുവിലും ശിവനും ശിവനിലും ആദ്യം വേണമെങ്കിൽ ബ്രഹ്മത്തെ കണ്ടോളുക നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ അമീബയിൽ വരെ അതിനെ കാണാൻ കഴിയണം എങ്ങോട്ട് തിരിഞ്ഞാലും ഈശ്വരൻ ബോധം ബോധമില്ലയോ ഒന്നുമില്ല ഇത് രാമായണം പോലും ശേഷിച്ചും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അത്ഭുതകരമായി ഓരോ പേജിലും ഇക്കാര്യം നമുക്ക് വ്യക്തമായി കാട്ടിത്തരുന്നു ഇത് മനസ്സിലാക്കാൻ വലിയ ക്ലേശമൊന്നുമില്ല അനുഷ്ഠിക്കാനും ഒരു ക്ലേശവുമില്ല കൃഷ്ണൻ പറയുന്നത് സുസുഖം കറുത്തും ഇതനുഷ്ഠിക്കാൻ എളുപ്പം എന്താ കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്നുകൂടി ഉള്ളിൽ ഓർമ്മിക്കുക ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ശാസ്ത്രീയമായി അത് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ബ്രഹ്മമുണ്ടോ പ്രപഞ്ചമുണ്ട് അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ് എന്ന ശാസ്ത്രീയമായി പുസ്തകങ്ങളൊക്കെ വായിച്ച് ആവർത്തിച്ച് മനസ്സിനുറപ്പിക്കുക ഉറപ്പിച്ചങ്ങനെ മുമ്പോട്ട് പോയാൽ ഒരു ഘട്ടം വന്നാൽ കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപമാണ് ബ്രഹ്മമാണ് എന്ന് അനായാസമായി നമ്മുടെ ഉള്ളിൽ തോന്നും അതിന് പിന്നെ വലിയ ശ്രമമൊന്നും വേണ്ട സഹജം അതുകൊണ്ട് പരമാവധി ഈ പ്രക്രിയ അതായത് ഓർമ്മ സ്മൃതി ഗീതയിൽ അർജുനനൊടി പറയുന്നതാണ് എനിക്ക് ഓർമ്മ കിട്ടി കൃഷ്ണ നഷ്ടവോ മോഹ സ്മൃതിരിലത്ത ഈ ജഗത്ത് ബ്രഹ്മമാണ് ബോധമാണ് എന്ന ഓർമ്മ കൃഷ്ണ എനിക്ക് കിട്ടി ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇനി ഞാൻ അങ്ങെന്തു പറയുന്നു ചെയ്യാം എന്നാണ് ഒടുവിൽ അർജുനൻ കൃഷ്ണനോട് പറയുന്നത് ആ ഓർമ്മ വിട്ടുപോകാതെ നിലനിർത്താനുള്ള കഴിവ് സാക്ഷാൽ രാമഭദ്രൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം ഇത്രയും ദിവസം ഭഗവാൻ്റെ അകരറ്റ് കാരുണ്യം നമുക്കെല്ലാവർക്കും ഇവിടെ കൂടാനും രാമകഥ ഈ ചർച്ച ചെയ്യാനും ഇടയായത് അതിരറ്റ് ഭഗവത് കാരുണ്യമായി ഞാൻ കരുതുന്നു അതിന് ഇവിടെ എത്തിച്ചേർന്ന് എനിക്ക് പ്രേരകമായി ഇരുന്ന നിങ്ങൾക്കെല്ലാം ഈശ്വര ബുദ്ധിയാവും ബ്രഹ്മബുദ്ധിയാവും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു നമസ്കാരം